തീർച്ചയായും അള്ളാഹുസുബഹാനഹുവ ചഹാല ഒരു അണു അളവുപോലും അനീതി കാണിക്കുകയില്ല അത് ഒരു പുണ്യകർമ്മമാണെങ്കിൽ അവൻ അതിനെ വർദ്ധിപ്പിക്കുകയും തൻറെ പക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും